പരം ഭൂയ പ്രവക്ഷ്യാത്താ മുനയസേ പരാം സിദ്ധിം ഇതോ ഇപാശ്രിത് മധര്യമാഗത സർഗേപിന് ഉപജാൻ തേ പ്രളയേന വ്യതന്തി മമയോനിർമ്രഹ്മ തസ്ഗർ ദാമ്യഹം ൂതോവതി ഭാരതം സർവോനിഷു കൗന്യ മൂർത്തയ സംഭവം താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപ്പിതാം ഇത്രയും ശ്ലോകമാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തില് മൂന്ന് ദിവസോ രണ്ടു ദിവസോ രണ്ട് ദിവസത്തില് കണ്ടത് ഇന്നലെ കണ്ട് മൂന്നും നാലും ശ്ലോകം മഹത്തത്വം മൂലപ്രകൃതി അഥവാ പ്രകൃതി എന്നൊക്കെ പറയുന്നത് ഒരേ വിഷയമാണ് അതിനെ തന്നെ നമ്മൾ ശക്തി എന്ന് പറയാം പ്രകൃതിയും പുരുഷനും ഉള്ള സംയോഗത്തിലാണ് പ്രപഞ്ച സൃഷ്ടി മുഴുവൻ നടക്കുന്നത് അതിനെയാണ് ശിവനോടുകൂടെ ശക്തി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ സാധാരണമായിട്ട് പറയണത് ശിവശക്തിയായുക്തോ യതിഭവതി ശക്ത പ്രഭവിതും ചേ ദേവം ദേവോ ന ഖലു കുശലഹാസ്പന്ദിതുമി എന്നൊക്കെ പറയുന്നതൊക്കെ ഇത് തന്നെയാണ് അപ്പോ ഭഗവാൻ ആ തത്വം ആണ് ഇവിടെ രണ്ടു വാക്കുകൾ കൊണ്ട് പറയുന്നത് മഹത് ബ്രഹ്മാ എന്നും അഹമെന്നും കൃഷ്ണൻ തന്നെ പുരുഷനായിട്ടും സൃഷ്ടിക്ക് കാരണമായ മൂലപ്രകൃതിയെ തൻ്റെ ബീജത്തിനെ ധരിക്കുന്നവളായിട്ടും സൃഷ്ടിക്ക് മുഴുവൻ കാരണമായിട്ടും പറയുന്നു ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കേട്ടാ മതി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തൻമതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർ നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നൊക്കെ പറയുന്ന ആ ആദ്യത്തെ ശ്ലോകം ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന ആടലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയും ഗതിപ്പെറും നാഥഭൂമിയിലും അന്നാവിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി അന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി ഒന്നായ മാമതി അതാണിവിടെ മഹത് ബ്രഹ്മ എന്ന് ഭഗവാൻ പറഞ്ഞത് അതായത് സൃഷ്ടിക്ക് മുഴുവൻ മൂലകാരണമായിട്ടുള്ള ഒരു അവ്യക്തം ആ അവ്യക്തത്തിൽ നിന്നും അനേകം അനേകം ജീവജാലങ്ങൾ പുറമേക്ക് വരുന്നു എല്ലാ ജീവജാലങ്ങൾക്കും മൂല ആ ശക്തിയാണ് ആ ശക്തിയാവട്ടെ ശക്തനായ ശിവനോടുകൂടെ ചേരുമ്പോ സൃഷ്ടിക്ക് ശക്തയാവുന്നു ശിവന്റെ സമ്പർക്കത്തിൽ സൃഷ്ടി നടക്കുന്നു ആ മൂലപ്രകൃതിയെ മഹത് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു നമ്മൾ അന്തർമുഖമായി ആത്മവിചാരമോ യോഗസാധനകളോ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യ ഇന്ദ്രിയമാണ് ഇന്ദ്രിയവും വിഷയങ്ങളും പുറം ലോകം കാണുന്നു കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു എന്നുള്ളത് ഏറ്റവും സ്ഥൂലം ഇതിനേക്കാളും അല്പം സൂക്ഷ്മമാണ് ഇന്ദ്രിയ സ്ഥാനങ്ങളായിട്ടുള്ള അതിനേക്കാളും സൂക്ഷ്മമാണ് മനസ് മനസ്സാണ് ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ പുറമേക്ക് വരുന്നത് സൂക്ഷ്മമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന വിചാരശക്തിയായ ബുദ്ധി ആ ബുദ്ധിയെക്കാളും സൂക്ഷ്മമാണ് ഇതെല്ലാം ചെന്ന് ലയിക്കുന്ന ഒരു അവ്യക്തം ആ അവ്യക്തിത്വത്തിനും അപ്പുറത്ത് അതായത് എല്ലാം കഴിയുമ്പോൾ അവസാനം ഒരു ഇരുട്ടിൽ ചെന്ന് എല്ലാം ലയിക്കും ഇന്ദ്രിയേഭ്യ പരാഹ്യർഥാഹ അർത്ഥേഭ്യം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേ ആത്മാ മഹാൻ പരഹ മഹതാ പരമവ്യക്തം അവ്യക്ത പുരുഷപര പുരുഷാൻ നരംി സാ കാ സാ പരാഗതി എന്നാണ് ഉപനിഷത് ഇന്ദ്രിഭ്യർ അർഭ്യനങ്ങളെക്കാളും അർത്ഥങ്ങൾ സൂക്ഷ്മവും അർത്ഥങ്ങളെക്കാളും മനസ്സൂക്ഷ്മ മനസ്പരം അവ്യക്തം മനസ്സിനെക്കാളും സൂക്ഷ്മതരമാണ് അവ്യക്തം അവ്യക്തത്തിനെ കാണും സൂക്ഷ്മം എന്നുവെച്ചാൽ അവ്യക്തത്തിൽ എല്ലാം ചെന്ന് ലയിക്കുന്നു ദിവസം ഉറക്കത്തിൽ എവിടെയോരിടത്ത് എല്ലാം ചെന്ന് ലയിക്കുന്നത് നമ്മൾ കാണുന്നു മഹതഹാപരം അവ്യക്തം മഹത്തത്വത്തിനെ അവ്യക്തം പരമാണ് അവ്യക്താത് പുരുഷ വരഹ ആ അവ്യക്തത്തിനും അപ്പുറം ആ അവ്യക്തത്തിനെ കാണുന്ന ഒരാളുണ്ട് ധ്യാനത്തിൽ വളരെ ആഴത്തിൽ ചെല്ലുന്ന യോഗികൾ ഒരു അവ്യക്ത ദശയെ എല്ലാം അസ്തമിച്ചു പോയി അവിടെ ഒന്നും കാണാനില്ല എന്നാണ് വേദാന്ത വിചാരം ചെയ്യുമ്പോഴൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കപ്പെടും ഒരു ശൂന്യത അപ്പൊ അവിടെ വിട്ടുപോകുന്നത് എന്താ ഈ ശൂന്യതയ്ക്കും സാക്ഷിയായി ഒന്ന് അതിന് പുറകിലുണ്ട് അതിനെ ശ്രദ്ധിക്കണില്ലേ അത്രേ ഉള്ളൂ അവിടെയാണ് ബൗദ്ധന്മാര് ശൂന്യവാദം എന്ന് പെട്ടുപോയത് ആ ശൂന്യത്തിനും അപ്പുറം ശൂന്യത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ട് അതാണ് പരമപുരുഷനായ ഭഗവാന്റെ സ്വരൂപം ആ ഭഗവത് തത്വം ഈ അവ്യക്തവുമായിട്ട് കലരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒരു കാവ്യം പോലെ മനസ്സിലാവാതെ ഇരിക്കുമ്പോഴാണ് കവിതയ്ക്ക് സൗന്ദര്യം കൂടുതൽ ബുദ്ധിയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നാൽ കവിത കൂടുതൽ രുചിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ ഒരു കാവ്യമായി നിന്നുകൊള്ള സ്വയം അനുഭവം വരുന്നവരെ കാവ്യമായിട്ടിരിക്കട്ടെ അങ്ങനെ ഭഗവാൻ ഇത്രയും പറഞ്ഞു ജഗത്തിൽ എന്തൊക്കെ ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ മൂലകാരണം ഈ ശിവശക്തി സംയോഗമാണ് മഹത് ബ്രഹ്മമും പരമപുരുഷനായ ഭഗവാനുമായിട്ടുള്ള സംയോഗത്തിലൂടെയാണ് സകലനാമരൂപ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് എല്ലാവരുടെ ഉള്ളിലും അപ്പോ ഭഗവാന്റെ ബീജം ഉള്ളിൽ കിടപ്പുണ്ട് സകല ജീവജാലങ്ങൾക്കും ഈശ്വരത്വം സിദ്ധമാണ് അതാണ് ഇതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ ബീജത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവണതെന്ന് വെച്ചാൽ പ്രകൃതിയോട് സംയോഗം ഉണ്ടാവുമ്പോൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒരു കാര്യം നിശ്ചയം അപ്പൊ നമ്മളിൽ ജീവചൈതന്യമായിട്ടിരിക്കുന്നത് ഭഗവത് ബീജമാണ് ആ ഭഗവത് സാന്നിധ്യമാണ് നമ്മളിൽ ബീജരൂപേണ വർത്തിക്കുന്നത് അപ്പോ ദിവ്യത്വം സിദ്ധമാണ് പിന്നെ എന്തേ ആ ദിവ്യ ദിവ്യത്വം നമുക്ക് സ്വാനുഭവത്തിലേക്ക് വരാത്തത് എന്തേ നമുക്ക് ഭഗവത് അനുഭവം ഉണ്ടാവാത്തത് ഇതിന് തടസ്സം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനാണ് ഇനി അടുത്ത പ്രകരണം ആരംഭിക്കണത് നോക്കാം സത്വം രജസ്തമയിതീൻ ഗുണഹ പ്രകൃതി സംഭവാഹം നിബധ്നന്തി മഹാബാഹോഹിനകൃതിയില് ഏതോ വിധത്തിൽ നമ്മൾ പെട്ടു എങ്ങനെ പെട്ടു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ചുരുക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ അനേകം അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് യുക്തി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനമില്ല സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കുക എഴുന്നേറ്റാൽ സ്വപ്നം മറിഞ്ഞു അതേപോലെ തന്നെ വേണ്ട ആത്മവിചാരം ചെയ്യുക തത്വ തത്വവിചാരം ചെയ്യുക തത്വജ്ഞാനം ഉണ്ടായാൽ സകല അനർത്ഥത്തിനും മൂലകാരണമായ അജ്ഞാനം നീങ്ങുകയും മേഘം നീങ്ങുമ്പോൾ സൂര്യൻ പ്രകാശിക്കണ പോലെ ഭഗവത് തത്വം ഹൃദയത്തിൽ പ്രകാശിക്കുകയും ചെയ്യും ഇത് സത്യം ഇപ്പോ അജ്ഞാനത്തിൻ്റെ സ്വഭാവം എന്താണ് നമ്മളെ ബന്ധിക്കുന്നത് എന്താണ് മുക്തി എങ്ങനെ സാധ്യമാകും എല്ലാ ശാസ്ത്രങ്ങളും അവിടെയാണ് പ്രവർത്തിക്കുന്നത് യോഗവാസിഷ്ടം ആരംഭിക്കുമ്പോ തന്നെ പറഞ്ഞു ആർക്ക് വേണ്ടിയാണ് ഈ ശാസ്ത്രം അധ്യാത്മ ശാസ്ത്രങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് ഇത് അതിൻ്റെ മുകളിലൊരു ലൈബ്രറി വെച്ചിട്ടുണ്ട് ആർക്ക് ആർക്ക് പ്രയോജനപ്പെടും ഇതൊക്കെ ലോകത്തിലുള്ള എല്ലാവരെയും കൊണ്ടുവന്ന ആ പുസ്തകങ്ങളൊക്കെ കയ്യിൽ കൊടുത്താൽ പ്രയോജനപ്പെടുമോ ഇപ്പൊ ഭഗവത്ഗീത എല്ലാവർക്കും വിതരണം ചെയ്താൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ജ്ഞാനികളായിട്ടുള്ളവർക്ക് സ്വയം സത്യം കണ്ടെത്തിയവർക്ക് ഈ പുസ്തകങ്ങളോട്ട് ആവശ്യവുമില്ല അവർക്ക് ഈ പുസ്തകങ്ങളൊക്കെ എന്തിനാം അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഗീതയും സത്സംഗവും ഒക്കെ ആർക്കാണ് അത്യന്തം അജ്ഞ സോസ്മിൻ ശാസ്ത്രയെ അധികാരവാൻ ആരാണ് ഈ അധ്യാത്മശാസ്ത്രത്തിന് അധികാരി എന്ന് വെച്ചാൽ അത്യന്തം അജ്ഞാനിയല്ല അയാൾക്ക് ലോകത്തിൽ ദുഃഖമുണ്ടെന്നും ദുഃഖ നിവൃത്തിക്കായി വേദാന്ത ചെയ്താൽ ദുഃഖനിവൃത്തി ഉണ്ടാകുമെന്നും അതിന് ശാസ്ത്രാചാര്യപ്രസാദം ഉണ്ടാവണമെന്നും അധ്യാത്മസാധനകൾ ചെയ്യണമെന്നും തനിക്ക് മുക്തിക്കുള്ള മാർഗമുണ്ട് അത് അല്പം പരിശ്രമിച്ചാൽ നേടാവുന്നതാണെന്നൊക്കെയുള്ള വിശ്വാസമുള്ള ആളാണോ അയാൾ അത്യധികം അജ്ഞാനിയുമല്ല എന്നാൽ പൂർണ്ണജ്ഞാനിയുമല്ല നടുവിൽ നിൽക്കുന്ന ആളാണ് അയാൾക്കാണ് ശാസ്ത്രം അത്യധികം അജ്ഞാനിയായ ആൾക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഒരു പ്രയോജനവുമില്ല ജ്ഞാനിക്ക് ഇതുകൊണ്ട് പ്രയോജനവുമില്ല അവിജ്ഞാതെ പരേതത്വേ ശാസ്ത്രാധീതിസ്തു നിഷല വിജ്ഞാതേ പി ശാസ്ത്രാധീതിഷ്ഫല വേദാ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു അവിജ്ഞാതെ പരേതത്വേ ശാസ്ത്രാധീതി സ്തു നിഷ്ഫല പരമാർത്ഥതത്വമാണ് ജീവിത ലക്ഷ്യമെന്ന് നിശ്ചയിക്കാത്ത ആൾക്ക് ശാസ്ത്രം പഠിച്ചിട്ട് പ്രയോജനമില്ല എത്രയോ പണ്ഡിതന്മാരെ ഞാനും കണ്ടിട്ടുണ്ട് വേദാന്ത ശിരോമണികളായിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട് അവരൊന്നും ജീവൻമുക്തന്മാരോ ജ്ഞാനികളോ അല്ല അവർക്കൊന്നും ആ പഠിച്ചതൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല അവർക്കത് എന്തിനു പ്രയോജനപ്പെടുമ്പോൾ എവിടെയെങ്കിലും വാക്യാർത്ഥ സഭയിൽ വാക്യാർത്ഥ വിചാരണം ചെയ്ത് സ്വർണ വാങ്ങിക്കാനോ ടൈറ്റിൽ കിട്ടാനോ ഒക്കെ പ്രയോജനപ്പെടുമായിരിക്കും അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വരസാക്ഷാത്കാരമാണെന്ന് നിശ്ചയിക്കാത്ത ആൾക്ക് ശാസ്ത്രാധീതി സ്തു നിഷ്ഫല വിജ്ഞാതേപി പറയ തത്വേ പരമാത്മതത്വം ആർക്ക് നല്ലവണ്ണം അറിയപ്പെട്ടുവോ അയാൾക്ക് കിം പഠനീയം കിം അപഠനീയം ഇനി അയാൾക്ക് എന്ത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം സർവം ബ്രഹ്മമയം അയാൾക്കും ഇത് വേണ്ട അപ്പൊ ആർക്കാണോ ഇവിടെ ദുഃഖമുണ്ടെന്നും ദുഃഖത്തിന് നിവൃത്തി വേണമെന്നും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആൾക്ക് ഈ ശാസ്ത്രം പ്രയോജനപ്പെടുന്നു അങ്ങനെയുള്ള ആള് ശാസ്ത്രവിചാരം ചെയ്യുമ്പോ ആദ്യമായി വരുന്നതാണ് നമ്മൾക്ക് ബന്ധമുണ്ട് ദുഃഖമുണ്ട് ദുഃഖത്തിന് മൂല എന്താണ് ഞാൻ അല്ലാത്തതിനെയൊക്കെ ഞാനായി ധരിച്ചു വച്ചിരിക്കും എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് എനിക്കറിയില്ല പ്രകൃതിയുമായി ഒരു താതാത്മ്യം വന്നു പോയിരിക്കുന്നു പ്രകൃതി എന്ന് വെച്ചാലോ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനെല്ലാം കൂടിയിട്ടാണ് പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ മൂലപ്പൊരു മൂന്നായിട്ട് പിരിച്ചു ഭഗവാൻ അതിന് പറയുന്നു സത്വം രജ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന ഈ മൂന്ന് ഗുണങ്ങളും പ്രകൃതിസംഭവാഹ നമ്മള് ആദ്യം പറഞ്ഞുവല്ലോ മഹത് ബ്രഹ്മ മഹത്വത്വം ആ മഹത്വത്വത്തിൽ നിന്നും ഈ മൂന്ന് ഗുണങ്ങളും പൊന്തി വരികയും നിബദ്ധനന്തി ദേഹേ ദേഹിനം അവ്യയം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായ ദേഹിയെ ആത്മാവിനെ ചൈതന്യത്തിനെ നിബദ്ധനന്തി ബന്ധിക്കുന്നു എന്നാണ് ഈ മൂന്ന് ഗുണങ്ങളും ബന്ധിക്കുന്നു സത്വഗുണവും ബന്ധിക്കും രജോഗുണവും ബന്ധിക്കും തമോ ബന്ധിക്കും മൂന്ന് ഗുണങ്ങളും ജീവനെ താൻ അല്ലാത്ത പ്രകൃതിയോട് കെട്ടിടും ഇനിയിപ്പോ ഇതിൽ നിന്നും എങ്ങനെയാണ് വിമുക്തി ഓരോന്നിന്റെയും സ്വഭാവം പറയാം ഇപ്പൊ നോക്കാം കഴിഞ്ഞ അധ്യായത്തിനെ മനസ്സിൽ വെച്ചോളാം ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ക്ഷേത്രം എന്നുള്ളതിനാണ് ഇവിടെ ഭഗവാൻ പ്രകൃതി എന്ന് പറയണത് അപരാപ്രകൃതി ക്ഷേത്രജ്ഞൻ എന്നുവച്ചാൽ ഉള്ളിലുള്ള ജീവൻ അഥവാ ക്ഷേത്രത്തിനെ പ്രകാശിപ്പിക്കുന്ന ഞാൻ ബോധം ഞാൻ ഉണർവ് ക്ഷേത്രത്തിനെ അറിയുന്ന അറിവേ സ്വരൂപമായിട്ടുള്ള ചൈതന്യ കേന്ദ്രത്തിന് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു ഈ ക്ഷേത്രജ്ഞൻ അറിയുന്നതാണ് ക്ഷേത്രം ചുരുക്കത്തിൽ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക സങ്കൽപ്പിക്കുക അഭിമാനിക്കുക ഇതെല്ലാത്തിനെയും തട്ടിക്കൂട്ടി ഒരവ്യക്തത്തിൽ ലയിപ്പിച്ചിട്ട് ഉറങ്ങുക ഇതൊക്കെ കൂടി ക്ഷേത്രമാണ് ഇതാണ് നമ്മളുടെ ജീവിതവും നമ്മൾ ചെയ്യുന്നതും ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒന്നിൽ ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു സുഷുപ്തിയിൽ ഇതിനെയൊക്കെ ഒരു അവ്യക്തത്തിൽ ലയിപ്പിച്ചിട്ട് ഉറങ്ങിയും കിടക്കുന്നു ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ എന്ന് പറയുന്നത് ഇതെല്ലാം ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്നിനെയും ചേർത്തി ഭാഗവതം പറഞ്ഞു സ്വപ്നത്രയം എന്ന് പറഞ്ഞു ഇത് മൂന്നും സ്വപ്നമാണെന്നാണ് സത്യം കണ്ടെത്തുമ്പോ ത്രീൻ സ്വപ്നാണ് ധുനുതേ മുനി ഈ മൂന്ന് സ്വപ്നങ്ങൾക്കും അപ്പുറം ചാടി പോകുന്നു ഈ മൂന്നും ജയിലിന്റെ മൂന്ന് കമ്പികൾ പോലെയാണ് നമുക്ക് നമ്മളുടെ ക്ഷേത്രത്തില് ഈ മൂന്നും ഉണ്ട് അപ്പോ ഈ മൂന്നും ക്ഷേത്രമാണ് പ്രകൃതിയാണ് നമുക്കിപ്പോൾ തൽക്കാലം ജാഗ്രത അവസ്ഥയെ മാത്രം എടുക്കാം നമ്മളുടെ ജീവിതത്തിനെ എടുക്കാം നമ്മളുടെ ജീവിതത്തിൽ ശരീരത്തിനെയും തൽക്കാലം ഇപ്പൊ മാറ്റി വെച്ച് മനസ്സിനെ മാത്രം എടുക്കാം മനസ്സിന്റെ സ്വഭാവം എന്താ മനസ്സെന്ന് വെച്ചാൽ എന്താ ചിത്തവൃത്തികളാണ് വിചാരങ്ങളാണ് വികാരമാണ് അതാണ് നമുക്ക് മനസ്സ് മനസ്സ് മനഃശാസ്ത്രത്തിന് അറിയപ്പെടാത്ത വസ്തുവാണ് കാരണം മനഃശാസ്ത്രം എന്നുള്ള ശാസ്ത്രം തന്നെ പഠിക്കുന്നത് മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മനസ്സ് എന്താണെന്ന് പൂർണ്ണമായും മനഃശാസ്ത്രത്തിന് അറിയപ്പെടില്ല മനസ്സ് നമുക്ക് സാധാരണമായിട്ട് മനസ്സിനെ മൂന്ന് തട്ടിലായിട്ട് തിരിക്കാം സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂലമായ മനസ്സാണ് ശരീരം സൂക്ഷ്മമായ മനസ്സാണ് നമ്മളുടെ ഉള്ളിൽ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് സ്വപ്നം കാണുന്നത് കാരണ മനസ്സാണ് ഉറങ്ങുമ്പോ സ്വപ്നം പോലുമില്ലാതെ ഉറങ്ങുമ്പോൾ ഒരു തിരശീല പോലെ സത്യത്തിനെ ആവരണം മാത്രം ചെയ്തുകൊണ്ട് വർദ്ധിക്കുന്നത് അപ്പൊ ശരീരവും മനസ്സാണ് മനസ്സിനെ മാറ്റി നിർത്തിയാൽ ശരീരമില്ല മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ശരീരമാവുകയും ശരീരം ഇന്ദ്രിയങ്ങളിലൂടെ അകമേക്ക് കടക്കുമ്പോൾ മനസ്സാവുകയും ചെയ്യുകയാണ് മനസ്സിലായോ ശരീരം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സങ്കല്പം തടിച്ചുകൊഴുത്തത് മാത്രമാണ് ഈ ശരീരം പ്രവർത്തികൾ ചെയ്തിട്ട് മനസ്സിനെ ഉണ്ടാക്കുകയും മനസ്സ് സങ്കൽപ്പിച്ച് ശരീരത്തിന് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരസ്പര അപേക്ഷയിലാണ് സംസാരമെന്ന് പറയുന്ന ഈ ദീർഘസ്വപ്നം നിലകൊള്ളുന്നത് അപ്പോ ഈ മനസ്സെന്ന് പറയുന്ന എലമെന്റ് ശരീരത്തിന്റെ ഉള്ളിൽ കാണുന്ന കുറെ വിചാരങ്ങളല്ല ശരീരമും മനസ്സാണ് ഉള്ളിൽ നമുക്ക് ചിന്തകളുടെ രൂപത്തിൽ വരുന്നതും മനസ്സാണ് ചെറിയ കൊച്ചുകുട്ടിയിൽ ജനിച്ച കുട്ടിയിൽ ഒരു വികാരങ്ങളും കാണാനില്ല പതുക്കെ പതുക്കെ നിങ്ങൾ പഠിപ്പിച്ചാലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞു കൊടുത്താലും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ എവിടുന്നോ ഒരു സഞ്ചിയുടെ ഉള്ളിൽ നിന്നും ബാഗിന്റെ ഉള്ളിൽ നിന്നും കാലാകാലത്തിലേക്ക് ഓരോ വികാരങ്ങൾ പുറത്തു വരാൻ തുടങ്ങും അപ്പോ അത് എവിടെയോ ഉള്ളിൽ കിടന്നു ആ കിടന്നതിനാണ് കാരണം എന്ന് പറയണത് അതിൽ നിന്നും പതുക്കെ പതുക്കെ സൂക്ഷ്മ വികാരങ്ങളും വിചാരങ്ങളും പുറമേക്ക് വരുന്നു അപ്പൊ ആ കാരണ മനസ്സ് സൂക്ഷ്മ മനസ്സ് സ്ഥൂല മനസ്സ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം എന്നും ശാസ്ത്രം ഈ മൂന്നിനെയും പറയും ഈ മൂന്നിനും ചലനമുണ്ട് പരിണാമമുണ്ട് സ്ഥൂല പരിണാമമുണ്ട് സൂക്ഷ്മ പരിണാമമുണ്ട് കാരണശരീരത്തിനും പരിണാമമുണ്ട് കാരണ ശരീരം പരിണമിക്കുകയും സൂക്ഷ്മ ശരീരം പരിണമിക്കുകയും സ്ഥൂല കർമ്മങ്ങളിൽ നിന്നും നമ്മൾ ആർജിക്കുന്ന വാസനകൾ സൂക്ഷ്മ മനസ്സായിട്ട് മാറുകയും അത് കാരണശരീരത്തിൽ പോയി അടിഞ്ഞുകൂടുകയും വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എനിക്കിതൊന്നും പറയുന്നിഷ്ടല്ല കാര്യം വളരെ സിമ്പിളാണ് പക്ഷേ ഇതൊക്കെ പറയേണ്ടി വരണു ഇവിടെ ഒരു ശാസ്ത്രം പറയാൻ വേണ്ടി പറയണു അത്രേ ഉള്ളൂ അപ്പൊ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന മൂന്നും കൂടി ചേർന്നാൽ പ്രകൃതി എന്ന് പേര് ഇപ്പൊ അതിനാണ് വരുന്നത് പ്രകൃതി എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയും പ്രകൃതിക്കകത്താണ് സ്വപ്നം കാണുന്ന സ്റ്റേറ്റും പ്രകൃതിക്കുള്ളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയും പ്രകൃതിക്കുള്ളിലാണ് ചുരുക്കത്തിൽ നമ്മൾ മഹാമായയുടെ കയ്യിൽ വെറും കളിപ്പാട്ടങ്ങളാണ് ആ ശക്തിയുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ് അവൾ സത്വഗുണസ്വരൂപിണിയും രജോ ഗുണസ്വരൂപിണിയും ജാഗ്രത് സ്വരൂപിണിയും സ്വപ്ന സ്വരൂപിണിയും സുഷുപ്തി സ്വരൂപിണിയുമാണ് എന്നാൽ ഇതിനൊക്കെ മൂലമായ ഒരു കാരണശക്തിയുമാണ് സൗന്ദര്യ ലഹരിയിൽ ആചാര്യസ്വാമി പറയണോ ബ്രഹ്മത്തിനെ പോലും കൊടുക്കാം ഈ ശക്തി ഒരു പിടിയും കിട്ടണില്ല ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃിണീം ആഗമവിദരേ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം തുരീയാ കാപിത്വം ദുരധിഗമനിസീമഹിമാഹാമായാ വിശ്വം ഭ്രമയതി പരബ്രഹ്മ മഹിഷീ പരബ്രഹ്മ മഹിഷി ഇവിടെ ഭഗവാൻ എന്ത് പറഞ്ഞു ഗർഭം ദാമ്യഹം എന്ന് പറഞ്ഞു അല്ലെ ആ പരമേശ്വരൻ ഗർഭ ചൈതന്യബീജത്തിനെ സ്ഥാപിക്കുന്നതായ മൂലപ്രകൃതി സരസ്വതിയെന്നും ലക്ഷ്മിയെന്നും മറ്റുമൊക്കെ പേരുകൊടുത്ത് വിളിക്കുന്ന ആ ശക്തി തുരിയാ കാപിത്വം ദുരധിക പ്രകൃതി അവ്യക്തമായും മഹത്തത്വുമായും ആവിർഭവിച്ച ശേഷമാണ് അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ ബ്രെയിൻ ഫോർമേഷൻ ആവണത് നമ്മൾ ഈ ബ്രെയിൻ വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ബ്രെയിൻ ആവട്ടെ അതിനു പുറകിൽ പോവാൻ പറ്റില്ല ഇവിടെ തന്നെ അസ്തമിക്കും അത് അതിനു പുറകിലുള്ള മഹത്വത്വത്തിനെയോ അവ്യക്തത്തിനെയോ ഈ ബ്രെയിനിന് അറിയാൻ കഴിയില്ല അപ്പൊ പിന്നെ ആ ശക്തിയുടെ മൂലത്തിനെ നമ്മളെങ്ങനെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കും വിവേകാനന്ദ സ്വാമികളെടുത്ത് പറയുന്നു പരമേശ്വരൻ ബുദ്ധിയില്ലാത്തവനാണ് വലിയ അർത്ഥത്തിലാണ് സ്വാമി പറയുന്നത് പരമേശ്വരൻ ബുദ്ധിയില്ലാത്തവനാണോ അദ്ദേഹം നമുക്ക് കളിക്കാനായി കൊച്ചു കൊച്ചു ബുദ്ധി തന്നിട്ട് നമ്മളെ ഇട്ട് നമ്മൾ ആ ബുദ്ധി വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുകയും ആ ബുദ്ധി കൊണ്ട് പരമേശ്വരനെ നിർണയിക്കാൻ ശ്രമിക്കുകയും അതിനപ്പുറം കടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാണ് പക്ഷെ ബുദ്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന തലമാണ് ഇന്ദ്രിയങ്ങളെക്കാളും മനസ്സിനേക്കാളും ഉയർന്ന തലമാണ് ബുദ്ധി അതുകൊണ്ട് ബുദ്ധിയുടെ തലം വരെ പോയിട്ടേ അപ്പുറം പോവാൻ പറ്റുള്ളൂ ബുദ്ധി പോൾ വോൾട്ട് സ്റ്റിക്ക് പോലെയാണ് പോൾ വാൾട്ട് കളിക്കുമ്പോൾ അതും കൊണ്ടുപോയി കുത്തിയിട്ട് മോളിൽ കൊണ്ടുപോയി ചാടിക്കഴിഞ്ഞാൽ ആ സ്റ്റിക്ക് വിടും അല്ലേ അതേപോലെ ബുദ്ധിയും കൊണ്ട് വേദാന്ത ചെയ്ത് സൂക്ഷ്മ വരെ ചെന്നിട്ട് ബുദ്ധിയെ അങ്ങോട്ട് ഉപേക്ഷിക്കും ബുദ്ധിശ്ചന വിചേഷ്ട പരമാംഗതി അവിടെ ബുദ്ധിയും അതിൻ്റെ ചേഷ്ടയെ നിർത്തി കഴിയുമ്പോഴാണ് നമ്മളിപ്പോ പറയുന്ന ആ മൂലപ്രകൃതി എന്നും മഹത് ബ്രഹ്മം എന്നും ഒക്കെ ഭഗവാൻ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത കുറെ വാക്കുകൾ പറഞ്ഞുവല്ലോ ഒന്നായ മാമതി എന്നൊക്കെ പറഞ്ഞുവല്ലോ ആ മഹത്തത്വത്തിന് നമുക്ക് അനുഭവം കൊണ്ടറിയാം പക്ഷെ ബുദ്ധി കൊണ്ട് പറയാൻ പറ്റില്ല ആ മഹത്തത്വത്തിൽ സത്വഗുണമുണ്ട് രജോ ഗുണമുണ്ട് ഈ മൂന്ന് ബേസിക് ആയിട്ടുള്ള മൂന്ന് കോൺസ് എന്താണ് മൂന്ന് ഗുണങ്ങളാണ് മോഡ്സാണ് പ്രകൃതിയുടെ അത് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ സത്വഗുണം എന്താ എന്ത് സ്വഭാവം ഉള്ളതാണ് എന്ത് സ്വഭാവം ഉള്ളതാണ് എന്ത് സ്വഭാവം എന്നാണ് ഭഗവാൻ ഇനി പറയണത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെടുന്നു നമുക്ക് തന്നെ ഏകദേശമൊക്കെ നിശ്ചയിക്കാം സത്വത്തിന്റെ സ്വഭാവം എന്താണ് രജോ ഗുണത്തിന്റെ സ്വഭാവം എന്താണ് എല്ലാവരിലും ഈ മൂന്ന് ഗുണങ്ങളുണ്ടാവും ഏതെങ്കിലും ഒരു ഗുണം മാത്രമായി ആർക്കും ഇരിക്കാൻ പറ്റില്ല മൂന്നുണ്ടാവും ഏതെങ്കിലും ഒന്ന് പ്രിഡോമിനന്റ് ആയിട്ടിരിക്കും അധികമായിട്ടിരിക്കും ചിലരെ അവരെയാണ് സത്വഗുണപ്രധാനികളെന്നോ രജോഗുണപ്രധാനികളെന്നോ തമോഗുണപ്രധാനികൾ എന്നോ പറയണത് പക്ഷെ തമോ ഗുണിയായിട്ടുള്ളവനിലും അല്പം രജോഗുണിയായിട്ടുള്ളവനിലും തമോ ഗുണവും സത്വഗുണവും ഉണ്ടാവും സത്വഗുണിയായിട്ടുള്ളവനിലും രജോ ഗുണവും തമോ ഗുണവും ഈ മൂന്ന് ഗുണങ്ങളും എല്ലാരിലും ഉണ്ടാവും ഇത് അല്പം സ്വഭാവം മാറുമ്പോ കപവും വാതവും പിത്തവുമായിട്ടൊക്കെ തീരണം സാധനം ഒന്ന് തന്നെ ഒരേ സാധനമാണ് പല വേഷം കെട്ടുന്നത് ആയുർവേദത്തില് അവര് എന്താ ദോഷത്രയം എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ് കഫവാദ പിത്തം അത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തന്നെ കഫമായിട്ടും വാദമായിട്ടും പിത്തമായിട്ടും മാറും അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളിൽ ആദ്യമായി ഭഗവാൻ സത്വഗുണത്തിനെ എടുക്കുകയാണ് പ്രായണ ഉള്ളതിൽ നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കുന്നതും ഭഗവത് സാക്ഷാത്കാരത്തിന് സഹായിക്കുന്നതും नम्ञानुवा सहाय गुण सत्गुण अद्वु सत्गुण आद्यु भगवा नोक तत्व निर्मलवा प्रकाशकमनामय सुखसंगेन बध्ना ज्ञानसंगेन चान തത്രം നിർമ്മലമണിരിവ പ്രകാശകം അനാമയം നിരുപദ്രവം സത്വം സ്ഫടികമണി പോലെ പ്രകാശകം ആചാര്യസ്വാമികൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ആണ് സ്ഫടികമണി സ്ഫടികമണി എന്ന് വെച്ചാൽ പ്രിസം ഗ്ലാസ് ഇപ്പോ െ അതുകൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു ഒരു കണ്ണാടിപ്പെട്ടി കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു ഇവിടെ കണ്ണാടിപ്പെട്ടി കൊണ്ട് അടയ്ക്കുമ്പോ എന്താവുന്നു വിളക്കിനെ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല പക്ഷെ വിളക്കിനും നിങ്ങൾക്കും നടുവിൽ ഒരു തടസ്സമില്ലാത്ത വിധത്തിൽ കണ്ണാടി നിക്കുകയും വിളക്കിന്റെ വെളിച്ചത്തിനെ നിങ്ങൾക്ക് തരുകയും ചെയ്യുന്നു പക്ഷെ തടസ്സുണ്ട് തടസ്സം ഇല്ലാത്ത പോലെ തോന്നും തടസ്സമുണ്ട് അതുകൊണ്ടാണ് സ്ഫടികമണി രച്ഛം എന്ന് പറയുന്നത് സ്ഫടികമണി പോലെയാണ് സത്വഗുണം സത്വഗുണവും നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ മറയ്ക്കും പക്ഷെ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് സത്വഗുണതലത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പ്രകാശകം അനാമയം എന്നാണ് പറയുന്നത് അതായത് സത്യത്തിനെ അത് തെളിയിച്ചു തരും നമുക്ക് സത്വഗുണപ്രധാനമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ സത്സംഗത്തിലിരുന്നാൽ കേൾക്കുന്നതൊക്കെ തെളിയും നമുക്ക് സ്വാനുഭവമൊക്കെ ഉണ്ടാവും ഒരു ഗ്ലിംസ് ഉണ്ടാവും സത്യത്തിൻ്റെ ഒരു വിദൂരവീക്ഷണം ഉണ്ടാവും നമുക്ക് കിട്ടിയ പോലെ തോന്നും ഒരു ആനന്ദമൊക്കെ ഉണ്ടാവും പക്ഷെ തൽക്കാലത്തേക്ക് മാത്രമാണ് തടസ്സമുള്ള നടുവിൽ വളരെയധികം നമുക്ക് കിട്ടി എന്ന് തന്നെ തോന്നും അധ്യാത്മസാധനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വരുന്ന ഒരു സ്റ്റേറ്റാണ് ചിലരൊക്കെ ആരംഭിക്കുമ്പോഴേക്കും അവർക്ക് എന്തൊക്കെയോ കിട്ടിയ പോലെ തോന്നും ചിലർക്ക് ചില യോഗ സാധനങ്ങളോ എന്തെങ്കിലും മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവർക്ക് ജീവൻ മുക്തന്മാരായി എന്നൊക്കെ തോന്നും ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നും കാര്യം സാധിച്ചു തോന്നും ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് തോന്നും ചിലരങ്ങനെ പറയുകയും ചെയ്യും ഇനി ഒന്നും ചെയ്യാനില്ല ഒക്കെ കിട്ടിക്കഴിഞ്ഞു എന്നാണ് എത്ര എളുപ്പത്തിൽ കിട്ടിയും തോന്നും അത് കഴിഞ്ഞപ്പോൾ പതുക്കെയാണ് മൂപ്പര് അവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോഴാണ് വേതാളം വീണ്ടും മുരിങ്ങ മരത്തിൽ കേൾക്കാം വേദാള അപ്പോഴാണ് വീണ്ടും മരത്തിൽ കയറി എന്നുള്ളത് അറിയാം അതാണ് സത്വഗുണത്തിന്റെ സ്വഭാവം ആ സത്വം വളരെ നമുക്ക് കൂട്ടുനിൽക്കും നമ്മളെ ആനന്ദിപ്പിക്കും സാത്വികമായ സുഖം തരും നിർമ്മലമായ സുഖം തരും ശരീരമൊക്കെ വളരെ ലാഘവമുള്ളതായിട്ടിരിക്കും മനസ്സ് നല്ല തെളിച്ചമായിട്ടിരിക്കും ബുദ്ധി നല്ല തെളിച്ചമായിട്ടിരിക്കും സത്സംഗത്തിൽ രുചിയുണ്ടാവും നാമസങ്കീർത്തനത്തിൽ രുചിയുണ്ടാവും ജപം ചെയ്യാൻ രുചിയും ഉണ്ടാവും കണ്ണടച്ചിരുന്നാൽ നമ്മളെ അറിയാതെ ധ്യാനം നാച്ചുറൽ ആയിട്ട് വരും അധികമായും നമ്മൾ അധ്യാത്മമാർഗത്തിൽ ആദ്യമായി കാലെടുത്ത് വെക്കുന്നത് ഈ സത്വഗുണ ഉദ്രേകുണ്ടാകുമ്പോഴാണ് അപ്പൊ പല ആളുകളും എന്ത് വിചാരിക്കും ഈ സത്വഗുണം പോയി കഴിയുമ്പോ ആളുകൾ വിചാരിക്കും ഞാൻ പരിശ്രമിക്കാതെയാണല്ലോ എനിക്കിത് കിട്ടിയത് അതേപോലെ ഇനിയും വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ വരില്ല അതിനു വേണ്ട വിധത്തിൽ ശ്രവണ സംസ്കാരവും ഉണ്ടാവണം സത്വഗുണം എന്ത് സഹായം ചെയ്തു എന്ന് വെച്ചാൽ പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ നമുക്ക് വേണ്ട സ്വഭാവശുദ്ധിയും ഗുണവും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സത്യത്തിന്റെ ഒരു ഉയർന്ന തലത്തിൽ ഒരു എത്തിനോട്ടം അങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ചവിട്ടിൽ കൊണ്ടുവന്നു വിടും സത്വഗുണം നമുക്ക് സഹായം ചെയ്യും തത്ര സത്വം നിർമ്മലത്വാ അത് വളരെ നിർമ്മലമാണ് പ്രകാശകം അനാമയം നിരുപദ്രവം അതിൽ അനാമയം എന്നുള്ള വാക്കിന് ഇവിടെ അർത്ഥം ആമയം എന്ന് വെച്ചാൽ സാധാരണ അർത്ഥം വ്യാധി എന്നാണ് രോഗം അനാമയം എന്ന് വച്ചാൽ ഇവിടെ അതിൽ ഡിസ്റ്റർബൻസ് ഇല്ല ഉള്ളിൽ വിക്ഷേപമില്ല ശാന്തമാണ് പ്രകാശകം സത്യത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് പ്രകാശകം അനാമയം പക്ഷെ അതിനെന്താ ദൂഷ്യം എന്ന് വെച്ചാൽ സത്വഗുണവും നമ്മളെ കെട്ടിയിടും അത്രയും എങ്ങനെ കെട്ടിയിടും എന്ന് വെച്ചാൽ ആ സുഖത്തിൽ നമ്മൾ അറ്റാച്ചഡായിട്ട് തീരും അഹം ജ്ഞാനി അഹം സുഖി എന്നൊക്കെ തോന്നും ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിക്കും സത്വഗുണത്തിൽ നിൽക്കുന്ന സാധകനും വ്യത്യാസം അവിടെയാണ് സാധകന് ഞാൻ ധ്യാനിക്കണു ഞാൻ സമാധിയിൽ സുഖമനുഭവിച്ചു ഞാൻ ആത്മധ്യാനം ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നു ജ്ഞാനിക്ക് ആ രസാസ്വാദമില്ല അനുഭവിക്കുന്ന ആ വ്യക്തിത്വവും ഇല്ലാതാവുന്നു അയാൾ സ്വയമേവ സുഖമേ സ്വരൂപമായിട്ട് തീരുന്നു മാറി നിൽക്കുന്നില്ല അഹങ്കാരം അവിടെ അവശേഷിക്കുന്നില്ല പക്ഷെ സാധകനിൽ അത് അവശേഷിക്കുന്നത് കൊണ്ട് സുഖസങ്കേന ഭദ്രാദി ജ്ഞാനസങ്കേന ചാനക സുഖം സുഖി അഹം ഇത് വിഷയഭൂത വിഷയിണി ആത്മനി സംശ്ലേഷാപാദനം മൃഷൈവ സുഖേ സഞ്ജനം സുഖി അഹം ആത്മാവ് സുഖിക്കുന്നവനല്ല സുഖമേ സ്വരൂപമായിട്ടുള്ളവനാണ് പക്ഷെ ഈ അഹങ്കാരത്തിന് വീണ്ടും പൊന്തിച്ചു കൊണ്ടുവന്ന് ഞാൻ സുഖിക്കുന്നു എന്നുള്ളൊരു അഭിമാന വൃത്തിയെ എനിക്ക് ആത്മാനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായവൻ ആരാ ഞാൻ ആനന്ദമായിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആനന്ദമായിട്ടിരുന്നു പറയണവനാരാ ഉള്ളിലുള്ള സത്യം ഒരിക്കലും പറയില്ല ശരീരം പറയൂല രണ്ടിനും നടുവിലുള്ള കപ്പലിൽ കയറിയ കള്ളൻ തന്നെയാണെന്ന് പറയണത് ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ധ്യാനിച്ചു എനിക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോ ഈ അഭിമാന വൃത്തി തന്നെയാണ് അതിലെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് സുഖസങ്കേന ബദ്ധനാദി ജ്ഞാനസങ്കേന അതുമാത്രമല്ല ജ്ഞാനത്തിലും ഒരു സംഘം ഉണ്ടാകും എനിക്ക് അറിയുന്നു ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ ജ്ഞാനത്തിൽ സംഘമുണ്ടാകും അങ്ങനെ സത്വഗുണം നമ്മളെ ബന്ധിക്കുന്നു